യൂണിറ്റ് എന്താ ദാമു മുഖത്തിനൊരു മങ്ങൾ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലായില്ലേ പണിക്ക് സാർ എന്തു പറഞ്ഞു പിന്നെ തന്റെ വർഗീസ് മുതലാളി സംഭാവന ഒന്നും തന്നില്ലേ വന്നു കേറിയ ഉടനെ എഴുതി ചോദ്യചരങ്ങൾ പേമാരി ചൊരിയുന്ന പോലാണല്ലോ ചോദ്യം ചോദിക്കൽ ഒരല്പനേരം സാവകാശമായിട്ടൊന്നിരിക്കാനെങ്കിലും അനുവദിക്കരുതോ വെയിലത്ത് നടന്നു വരുന്നതല്ലേ ഉണ്ടവനറിയാമോ ഉണ്ണാത്തവന്റെ ബിഷപ്പ് അതുപോലെ തന്നെ തന്റെ കാര്യവും ശരി ശരി ഇരുന്നോ മിനിറ്റ് അല്ല അരമണിക്കൂറെടുത്തോ പ്രസിഡന്റിന്റെ ചാറുകേസരെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് വേണേൽ അതിലോട്ട് കിടക്കും ദാഹമുണ്ടെങ്കിൽ പറ നാരങ്ങ വെള്ളം വരുത്തി തരാം തോമസേ നിനക്ക് നാരങ്ങാനീര് കുടിക്കണമെങ്കിൽ വരുത്തേ ഞാനും കമ്പനി തരാ ഇഷ്ട ഓസിൽ നാരങ്ങാവെള്ളം കുടിക്കാനുള്ള പദ്ധതി അങ്ങ് വച്ചേക്ക് ആ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട താനാ പിശുക്കൻ മുതലാളിയേക്കാൾ ഭയങ്കരനാണല്ലോ അങ്ങനെ പുറത്തു വരട്ടെ കാര്യങ്ങൾ ഓരോന്നായി അപ്പോ അപ്പോൾ വർഗീസ് മുതലാളി എന്തു പറഞ്ഞു കലാകേന്ദ്രം വാർഷികോത്സവത്തിന് എതിരാണോ അയാൾ ഡോ അബൂബക്കർക്കും അമാവാസിക്കും തമ്മിൽ ഉള്ള ബന്ധം തന്നെ ആ മുതലാളിക്കും കലയ്ക്കും തമ്മിൽ അത് മനസ്സിലാക്കാത്തവരാണ് വിഡ്ഢികൾ ഞാനതൊന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും സമ്മതിച്ചില്ല എന്നിട്ടിപ്പോഴെന്തായി പ്രസിഡന്റിന്റെ പിടിവാശി ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വാക്ക് അനുസരിക്കാതെ ഇരിക്കാനൊക്കുമോ അതുകൊണ്ട് ഞാൻ പോയി ഇല്ലേലും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ പിടിച്ചപ്പോൾ എന്ത് കിട്ടി തൊഴിയും ചവിട്ടും എന്നെ തൊഴിക്കാനും ചവിട്ടാനും മറ്റും ബർഗൈസ് മുതലാളിക്കല്ല അയാളുടെ ഏഴ് തലമുറയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവർക്ക് പറ്റില്ല മതി നിന്റെ വീരവാദം ഒന്ന് നിർത്ത് നമുക്ക് വാർഷികോത്സവത്തിന്റെ പരിപാടിയൊക്കെ ഒന്ന് എഴുതി നോക്കാം നാരങ്ങാവെള്ളം അതാ ഷെൽഫിലുണ്ട് തനിക്ക് വേണ്ടി വരുത്തി വച്ചിരിക്കുന്നതാണ് എടുത്തു കുടിക്ക് എന്നിട്ട് വേഗം വാ പ്രസിഡന്റ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ീർത്തിരിക്കണം ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്താ ദാമോ മുഖത്തിനൊരു മങ്ങൽ എന്താ ദാമോ മുഖത്തിനൊരു മങ്ങൽ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചു പോലായില്ലേ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചുപോലായില്ലേ പണിക്കർ സാർ എന്തു പറഞ്ഞു പണിക്കർ സാർ എന്തു പറഞ്ഞു പിന്നെ തന്റെ വർഗീസ് മുതലാളി സംഭാവന ഒന്നും തന്നില്ലേ പിന്നെ തന്റെ വർഗീസ് മുതലാളി സംഭാവന ഒന്നും തന്നില്ലേ വന്ന് കേറിയ ഉടനെ എഴുതി തുടങ്ങിയല്ലോ ചോദ്യശരങ്ങൾ വന്നു കയറിയ ഉടനെ എഴുതി തുടങ്ങിയല്ലോ ചോദ്യശരങ്ങൾ പേമാരി ചൊരിയുന്ന പോലാണല്ലോ പേമാരി ചൊരിയുന്ന പോലാണല്ലോ തൻറെ ചോദ്യം ചോദിക്കൽ ഒരല്പനേരം സാവകാശമായിട്ടൊന്നിരിക്കാനെങ്കിലും ഒരൽപനേരം സാവകാശമായിട്ടൊന്നും ഇരിക്കാനെങ്കിലും അനുവദിക്കരുതോ അനുവദിക്കരുതോ വെയിലത്ത് നടന്നു വരുന്നതല്ലേ വെയിലത്ത് നടന്നു വരുന്നതല്ലേ ഉണ്ടവൻ അറിയാമോ ഉണ്ണാത്തവന്റെ വിശപ്പ് ഉണ്ടവൻ അറിയാമോ ഉണ്ണാത്തവന്റെ ബിശപ്പ് അതുപോലെ തന്നെ തന്റെ കാര്യവും അതുപോലെ തന്നെ തന്റെ കാര്യവും ശരി ശരി ഇരുന്നോ ശരി ശരി ഇരുന്നോ അഞ്ചു മിനിറ്റ് അല്ല അരമണിക്കൂറെടുത്തോ അഞ്ചു മിനിറ്റ് അല്ല അരമണിക്കൂറെടുത്തോ പ്രസിഡന്റിന്റെ ചാരു കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ ചാരു കസേര ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് വേണേൽ അതിലോട്ട് കിടക്കും വേണേൽ അതിലോട്ട് കിടക്ക് ദാഹമുണ്ടെങ്കിൽ പറ ദാഹമുണ്ടെങ്കിൽ പറ നാരങ്ങാവെള്ളം വെള്ളം വരുത്തി തരാം കളിയാക്കാതെ ഡോ തോമസേ കളിയാക്കാതെ ഡോ തോമസേ നിനക്ക് നാരങ്ങാനീര് കുടിക്കണമെങ്കിൽ വരുത്തു നിനക്ക് നാരങ്ങാനീര് കുടിക്കണമെങ്കിൽ വരുത്ത് ഞാനും കമ്പനി തരാം ഞാനും കമ്പനി തരാം ഇഷ്ട ഓസിൽ നാരങ്ങാവെള്ളം കുടിക്കാനുള്ള പദ്ധതി അങ്ങ് വച്ചേയ്ക്ക് ഇഷ്ട ഓസിൽ നാരങ്ങാവെള്ളം കുടിക്കാനുള്ള പദ്ധതി അങ്ങ് വെച്ചേക്ക് ആ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട ആ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട താൻ ആ പിശുക്കൻ ഭയങ്കരനാണല്ലോ ൻ മുതലാളിയേക്കാൾ ഭയങ്കരനാണല്ലോ അങ്ങനെ പുറത്തു വരട്ടെ അങ്ങനെ പുറത്തു വരട്ടെ കാര്യങ്ങൾ ഓരോന്നായി അപ്പോൾ വർഗീസ് മുതലാളി എന്തു പറഞ്ഞു അപ്പോൾ വർഗീസ് മുതലാളി എന്ത് പറഞ്ഞു കലാകേന്ദ്രം വാർഷികോത്സവത്തിന് എതിരാണോ അയാൾ കലാകേന്ദ്രം വാർഷികോത്സവത്തിന് എതിരാണോ അയാൾ അബൂബക്കർക്കും അമാവാസിക്കും തമ്മിൽ ഉള്ള ബന്ധം തന്നെ എഡോ അബൂബക്കർക്കും അമാവാസിക്കും തമ്മിൽ ഉള്ള ബന്ധം തന്നെ ആ മുതലാളിക്കും കളിക്കും തമ്മിൽ ആ മുതലാളിക്കും കലയ്ക്കും തമ്മിൽ അത് മനസ്സിലാക്കാത്തവരാണ് വിഡ്ഢികൾ അത് മനസ്സിലാക്കാത്തവരാണ് വിഡ്ഢികൾ ഞാൻ അത് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും സമ്മതിച്ചില്ല ഞാനത് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും സമ്മതിച്ചില്ല എന്നിട്ടിപ്പോഴെന്തായി എന്നിട്ടിപ്പോഴെന്തായി പ്രസിഡന്റിന്റെ പിടിവാശി ആയിരുന്നില്ലേ പ്രസിഡന്റിന്റെ പിടിവാശി ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വാക്ക് അനുസരിക്കാതെ ഇരിക്കാൻ ഒക്കുമോ അദ്ദേഹത്തിന്റെ വാക്ക് അനുസരിക്കാതെ ഇരിക്കാൻ അതുകൊണ്ട് ഞാൻ പോയി അതുകൊണ്ട് ഞാൻ പോയി ഇല്ലെങ്കിലും കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ലോ ഇല്ലെങ്കിലും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ പിടിച്ചപ്പോൾ എന്ത് കിട്ടി പിടിച്ചപ്പോൾ എന്തു കിട്ടി ൊഴിയും ചട്ടുമായിരിക്കും തൊഴിയും ചവിട്ടുമായിരിക്കും എന്നെ തൊഴിക്കാനും ചവിട്ടാനും മറ്റും വർഗീസ് മുതലാളിക്കല്ല എന്നെ തൊഴിക്കാനും ചവിട്ടാനും മറ്റും വർഗീസ് മുതലാളിക്കല്ല അയാളുടെ ഏഴു തലമുറയ്ക്ക് അപ്പുറത്തോ ഉള്ളവർക്ക് പറ്റില്ല അയാളുടെ ഏഴ് തലമുറയ്ക്ക് അപ്പുറത്തോ ഉള്ളവർക്ക് പറ്റില്ല മതിമതി നിന്റെ വീരവാദം ഒന്ന് നിർത്ത് മതിമതി നിന്റെ വീരവാദം ഒന്ന് നിർത്ത് നമുക്ക് വാർഷികോത്സവത്തിന്റെ പരിപാടിയൊക്കെ ഒന്ന് എഴുതി നോക്കാം നമുക്ക് വാർഷികോത്സവത്തിന്റെ പരിപാടിയൊക്കെ ഒന്ന് എഴുതി നോക്കാം നാരങ്ങ അതാ ഷെൽഫിലുണ്ട് നാരങ്ങ അതാ ഷെൽഫിലുണ്ട് തനിക്ക് വേണ്ടി വരുത്തിവെച്ചിരിക്കുന്നതാണ് തനിക്ക് വേണ്ടി വരുത്തി വെച്ചിരിക്കുന്നതാണ് എടുത്തു കുടിക്ക് എന്നിട്ട് വേഗം വാ എടുത്തു കുടിക്ക് എന്നിട്ട് വേഗം വാ പ്രസിഡന്റ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലിയൊക്കെ തീർത്തിരിക്കണം പ്രസിഡന്റ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലിയൊക്കെ തീർത്തിരിക്കണം